കാറ്റുകളെ അയക്കുന്നത് അള്ളാഹു സുബഹാനഹൂവറ്റ ആല ആണ് അത് മേഘങ്ങളെ ഉണർത്തുകയും അവൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവയെ ആകാശത്ത് വിരിക്കുകയും ചെയ്യുന്നു അവൻ അതിനെ കഷ്ണങ്ങളാക്കി മാറ്റുകയും അതിനിടയിലൂടെ മഴത്തുള്ളികളിറങ്ങുന്നത് നിങ്ങൾ കാണുകയും ചെയ്യുന്നു അവൻ തൻറെ ദാസന്മാരിൽ താനുദ്ദേശിക്കുന്നവരെ അത് ബാധിക്കുമ്പോൾ അവർ സന്തോഷിക്കുന്നു